അന്തരതിരുപാത്ത ശാത്തപാവനമ ചിന്യൈഭവം തന്നരംബുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവത്വ്യേ ദക്ഷിണമൂർത്തേ നമ ഹരി ഓ പാർ പ്രതിബോധിത സ്വയം ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ ഭഗവതീ അദശാധ്യംബനുസന്ദി ഭഗവത്ഗീതണീ നമോസ്തു തേവ്യസവിശാലബുദ്ധേ ഫുൾബിന്ദ് പത്രേത്രയാ ഭാരതൈൈലൂർണ പ്രജ്വാലിതോണമയ പ്രദീപ പ്രവന്നിജാ തോത്രവേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതൃഹേപനിഷദോ ഗാവോ पार्थो ദുധാപനന്ദന പാർോ വത്സുധീർ ദുഗം ഗീതമൃതം മഹത് വസുദേവുത ദിവസാണൂരമർദന ദേ ജഗദ്ഗുരു മൂക്കം കോതി വാശാളം പങ്കും ലംഘയേ ഗിരി യമഹം വേ പരമാനന്ദമാധവം യണേന്ദ്രദ്രമരുത സ്തുവതിന്തിൈസ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായഗാധ്യനവസ്ഥതഗത മനസാ പശ്യം യോഗിനോ ുരാസാരതിരുപേ ശുഭിരി പാർത്ഥയാർത്തി ഹരോ ദിവർത്തിനീമത്ഗീത അതിലേ പതിനെട്ടാമത്തെ अध्याण कई श्रद्धात्रय विभाग योग अध्याय यज्ञ तपसी दाने स्थिति उच्यते കർമ്മചൈവ ത ധർത്തീയം സതിധീയത്തെ എന്ന് ഭഗവാൻ പറഞ്ഞു സദ് എന്നുവെച്ചാൽ ഈശ്വരാഭിമുഖമായിട്ടുള്ള കാര്യങ്ങള് സദാചാരം എന്ന് പറയണത് യജ്ഞം തപസ് ദാനം ഇതില് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെയ്യലല്ല നിഷ്ഠ ആ നിഷ്ഠയ്ക്ക് സദാചാരം എന്ന് പറയണം ഈശ്വരാർപ്പണമായ കർമ്മം എന്ന് പറയണം എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ് ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും അടുത്തൊരു അധ്യായത്തിനൊരു ബീജഡാണ് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട ചോദ്യം അർജുനന്റെ ഭഗവാന്റെ അടുത്ത് ത്യാഗം എന്താണ് സന്യാസമെന്താണ് എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു കാമ്യകർമ്മങ്ങളെ ത്യാഗം ചെയ്യണത് സന്യാസമെന്ന് ചില ഋഷികൾ പറയും സർവകർമ്മങ്ങളുടെയും ഫലത്തിനെ ത്യാഗം ചെയ്യുന്നത് ത്യാഗമെന്നും മഹാപുരുഷന്മാർ പറയും നമ്മൾക്കറിയുന്ന ശ്ലോകമാണ് ഭാഗവതത്തില് ഭാഗവതധർമ്മം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഏകാദശ സ്കന്ധത്തിലെ നവയോഗികൾ പറഞ്ഞു നമുക്കൊക്കെ അറിയുന്ന ഒരു ശ്ലോകത്തിനെയാണ് പറഞ്ഞത് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമിയദ്യത്ത് നമ്മൾ പറയും അതിൽ കരോതിയദ്യത് സകലം പരസ്മൈ നാരായണായേത്തി സമർപ്പയത്തത് ഇതാണ് ഭാഗവതധർമ്മം എന്ന് പറഞ്ഞു धर्मचव धर्ममें अर्थम भगवाना धर्म भगवता प्रोक्ता उपाया हिमल अंजसा अदुषा विद्धि भागवतान ഭാഗവതം എന്നുള്ളതിനുള്ള ഡെഫിനിഷനാണ് എന്താണ് ഭാഗവതധർമ്മം എന്ന് വച്ചാൽ ഭഗവാനാൽ പറയപ്പെട്ടിട്ടുള്ളത് മുഖ്യമായും ഭഗവത്ഗീതയിൽ വൈ ഭഗവതാപ്രോക്താ ഉപായാഹ വഴികൾ മെത്തേഡ്സ് എന്തിനാ ആത്മലബ്ധയെ ഏറ്റവും വലിയ ലാഭം ആത്മലാഭമാണ് വേറെ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല തന്നെ കിട്ടുകയാണെങ്കിൽ തന്റെ സ്വരൂപം താൻ ആരാണെന്ന് അറിയാം ആത്മജ്ഞാനം അതിന് ഭഗവാൻ എന്തൊക്കെ ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതും വളരെ വിഷമം ക്ലിഷ്ടമായിട്ടുള്ള ഉപായമല്ല അഗ്നിഹോത്രം യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് യജ്ഞങ്ങളുണ്ട് ആ യജ്ഞങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ ദേവ് പിതൃ ഭൂത മനുഷ്യ ബ്രഹ്മ ദേവയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം യത് അഗ്നൗ ജുഹോത്തി തദ്ദേവയജ്ഞ വേദം തന്നെ പറയൂ അഗ്നിയിൽ ഹോമിക്കുന്നത് ദേവയജ്ഞം പിതൃഭ്യ സ്വതാകരോത്തി അത് പിതൃയജ്ഞം യൂതേഭ്യ ബലിംഹരന്തി ചില ചില ഋതുക്കളിലൊക്കെ സർപ്പബലി കൊടുക്കുക ഇങ്ങനെ പലതണ്ട് ഉറുമ്പിന് കൊടുക്കുക നമ്മൾ കോല ഇടണത് പോലും അരിമാവ് കോലം അത് ശരിക്കും കൊയ്ത്ത് കഴിയുന്ന സമയത്ത് ആ സമയത്താണ് മുഖ്യമായി ഉത്സവങ്ങളും വിശേഷങ്ങളും ഒക്കെ തുടങ്ങുക അപ്പൊ അരിമാവ് കൊണ്ടുള്ള കോലം ഇട്ടുകഴിഞ്ഞാൽ ഉറുമ്പ് തിന്നോളും അത് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാൽ ഇറ്റ് ഈസ് സെൽഫ് ഡിഫീറ്റിങ് കരിങ്കൽ കൊണ്ട് കോലം ഇട്ടാൽ അത് ഉറുമ്പ് തിന്നില്ല അഥവാ അറിയാതെ ഉള്ളിൽ പോയാൽ ഉറുമ്പ് ചത്തുപോകും െ അപ്പൊ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുക ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം എന്ന് ഭാഗവതം പറഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ ലൈഫ് ആ ജീവിക്കുന്ന കുറച്ച് സ്പാൻ നമ്മള് ലൈഫ് ജീവിതം എന്ന് പറയുന്നത് എന്താ സ്പാൻ ടൈം ആണ് അല്ലേ ഈ വിളക്ക് മഴ പെയ്തു വിളക്ക് പാറ്റ വരും അതിനുപോലെ ഒരു ടൈം സ്പാൻ ഉണ്ട് അത്രയും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതാണ് അതിന്റെ ജീവിതം അതിന്റെ ഇടയിൽ അത് എന്ത് ചെയ്യണു എന്നുള്ളതാണ് അതുപോലെ മനുഷ്യന് ജീവിക്കാനായിട്ട് ഒരു യജ്ഞ പരിപാടി തന്നെ ഇട്ടിത്തന്നു ഭാഗവതത്തിൽ ഗൃഹസ്ഥ ധർമ്മം എന്ന് പറഞ്ഞ് വിസ്താരമായിട്ടുണ്ട് അതിൽ പറയണു അടുത്തുള്ള എന്തൊക്കെ ജീവികളുണ്ടോ കാക്ക പൂച്ച എലി എലിയെ ഭക്ഷണം കൊടുത്ത് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമ്മതമാവില്ല അവരവരുടെ വീട്ടിലുള്ള കുട്ടികളെ പോലെ ഭക്ഷണം കൊടുക്കണം എന്നാണ് എന്ന് വെച്ചാൽ അതിനെ വിളിച്ച് തൊട്ടില കിടത്തണം എന്നല്ല അർത്ഥം അതിനെങ്ങനെ ഭക്ഷണം കിട്ടുമോ അതിനുള്ള ഏർപ്പാടാക്കണം അതിനൊക്കെ വഴിയുണ്ട് പഴയ കാലത്ത് പാടത്ത് നെല്ല് കൊയ്തിട്ട് അതങ്ങനെ ഇടും കുറച്ച് ബാക്കിയെ വെക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ തിന്നുള്ളൂ വീട്ടിലൊന്നും വരില്ല ഋഷികേഷേ ഇപ്പൊ യജ്ഞം നടക്കുമ്പോ ഒരുപാട് ആളുകൾ വന്നവർ ഇവിടെ ഉണ്ട് അപ്പൊ പറയായിരുന്നു അവിടുത്തെ ആളുകള് അവിടെ ചില മഹാപുരുഷന്മാര് അവിടെ ഉള്ള കാലത്തോളം കുരങ്ങന്മാരാരെയും തട്ടിപ്പറിക്കില്ല പശുക്കളൊക്കെ നല്ല ആരോഗ്യമായിട്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും സുഭിക്ഷമായി ഭക്ഷണം കിട്ടും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരു ഉപദ്രവം ചെയ്യില്ല അത് കിട്ടാതാവുമ്പോഴാണ് തട്ടിപ്പറിക്കുകയും പശു ഇപ്പൊ ഇവിടുത്തെ പാലക്കാട് തന്നെ സ്ഥിതി എന്താന്ന് വെച്ചാൽ പശു പഴം ഒന്നും കൊടുത്താൽ അതിന് പഴം തിന്നാനുള്ളതാണെന്നേ മറന്നുപോയി അത് ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക് കടലാസൊക്കെ തിന്നണത് അപമാനമാണ് നമുക്കത് അപമാനാണ് ഇതൊക്കെ ഇവിടെ മാത്രല്ല നോർത്തിൽ പോയി ഋഷികേഷ് സൈഡ് പോയാൽ അവർക്ക് അതെന്നെ കംപ്ലയിന്റ് വളരെ വിഷമത്തോട് പറയണു ചില സാധുക്കൾ അത് എന്താ കാരണം നമ്മൾ ധർമ്മം പഴച്ചു ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പകർന്നു കൊടുക്കാൻ ഭൂതേബ്യഹിംഹരന്തി അപ്പൊ ഭൂതയജ്ഞം എന്ന് പറയണത് ഭൂതങ്ങളൊക്കെ കൊടുക്കണതാണ് ഭൂതം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ അർത്ഥമേ അറിയില്ല നോക്കില്ലേ നമുക്ക് ഭൂതം എന്ന് പറഞ്ഞാൽ പ്രേതം ആണ് വിചാരിക്കണത് ഭൂതം എന്ന് വെച്ചാൽ പ്രാണിജാതങ്ങൾക്കൊക്കെ ബ്രാഹ്മണേഭ്യോ അന്നംദാതി ശ്രാദ്ധത്തിലൊക്കെ കൊടുക്കണതും ഒക്കെ അത് മനുഷ്യയജ്ഞം വിഷമിക്കുന്നവർക്കും മറ്റുമൊക്കെ കൊടുക്കണത് വിശക്കണവർക്ക് കൊടുക്കുന്നത് സ്വാധ്യായമതീത ഭഗവത്ഗീത പഠിക്കണം ഉപനിഷത്ത് പഠിക്കണം ഋഷികളുടെ അടുത്ത് നമുക്കൊരു കട ഉണ്ട് ആ കടം തീർക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അവര് നമുക്ക് തന്നിട്ടുള്ള ദിവ്യഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാലേ അത് തീരുള്ളൂ പഠിക്കാ വലിയ തപസാണേ ചിലരൊക്കെ പറയണ്ട എന്റെ നിങ്ങളുടെ ആത്മതീർത്ഥം ശങ്കരാചാര്യരുടെ ജീവചരിത്രം മുന്നൂറ്റിയമ്പത് പേജ് പുസ്തകം ഞാൻ വാങ്ങിച്ചു വളരെ നന്നായിട്ടുണ്ട് എത്ര പഠിച്ചു ഒരു പേജ് പഠിച്ചു ആറുമാസം കഴിഞ്ഞിട്ട് പറയും അധ്യയ അധ്യയനം എന്ന് പറയണത് ഒരു തപസ്സാണ് ഒരു ശ്ലോകം തന്നെയുണ്ട് വിദ്യാരണ്യസ്വാമിയുടെ ഒരു സാധകൻ പറയാണ് എങ്ങനെയാണ് ജീവിക്കണത് എന്ന് ചോദിക്കുമ്പോ परया मुसाधग परैदिककर्मत तदुनसेदाचिताया पशा भारतमोक्षमन सायं भागवता दिव्यगत रात्रौ निदीध्यासना कालो ग शरीरभरण प्रारब्धकंठा പ്രാരബ്ധം ഇത്ര വർഷം ജീവിച്ചതൊലയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ തലയിൽ എഴുതി അല്ലേ നമ്മൾ തലയിൽ എഴുത്തതെന്ന് പറയും അപ്പൊ ആ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് വെച്ചാൽ പ്രാദർവൈദികർമ്മതഹാം പ്രാതകാലത്ത് സന്ധ്യാവന്തനാദി അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്തു സൂര്യനമസ്കാരമൊക്കെ ചെയ്തു വേദാന്ത വിചാരം ചെയ്തു ആത്മധ്യാനം ചെയ്തു പിന്നീട് എന്ത് ചെയ്തു ഭാരത മോക്ഷധർമ്മ മനനാത് ഭഗവത്ഗീത പഠിച്ചു ഭാരതത്തിലുള്ള ശാന്തി പർവത്തിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട് അതൊക്കെ പഠിച്ചു വാസിഷ്ഠ രാമായണാത് വാസിഷ്ഠം രാമായണമൊക്കെ പഠിച്ചു യോഗവാസിഷ്ടം പഠിച്ചു സായം വൈകുന്നേരത്തേക്ക് നല്ല സരളമായി ഭാഗവതാർത്ഥ ദിവ്യകഥയാ ഭാഗവതം പറഞ്ഞും കേട്ടും ഭഗവത് ധ്യാനം ചെയ്തും അങ്ങനെ രസിച്ചിരുന്നു രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴോ രാത്രിധ്യാസനത് ഈ പകൽ മുഴുവൻ എന്തൊക്കെ അധ്യയനം ചെയ്തു അത് മനനം ചെയ്ത് നിതിധ്യാസനം ചെയ്ത് അത് ഉള്ളിൽ അബ്സോർവ് ചെയ്തിട്ട് സ്വാംശീകരിച്ച് ആ അനുഭവത്തിന്റെ സുഖത്തിൽ കിടക്കണമെന്ന് ഈ ശ്ലോകത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒരു സ്ഥലത്ത് പോലും ടി കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതൊരു യജ്ഞമാണ് സ്വാധ്യായം എന്നുള്ളത് ഒരു യജ്ഞം അല്ലെ ഉപനിഷത്ത് പറയുന്നു തപസ് എന്ന് വിചാരം ചെയ്യുമ്പോ സ്വാധ്യായ പ്രവചന മുദ്ഗലൻ എന്ന ഋഷിയുടെ പരമ്പരയിൽ വന്ന് ഒരു ഋഷി പറഞ്ഞു സ്വാധ്യായം നല്ലവണ്ണം ശാസ്ത്രം പറയണത് പഠിക്കുക മനനം ചെയ്യ പറഞ്ഞുകൊടുക്കുക ഇത് തന്നെ ഒരു തപസ് തദ്ധി തപഹി തപാ എന്ന് ആവർത്തിച്ചു ഇത് തന്നെ തപസ് അപ്പൊ അതൊരു യജ്ഞം പിന്നെ വേദത്തിൽ ധാരാളം യജ്ഞ ഉണ്ട് അതൊന്നും നമുക്ക് അറിയില്ല അറിയാൻ വേണ്ടി പറഞ്ഞു വെക്കണു സപ്തപാക യജ്ഞം അതായത് നമ്മളുടെ സനാതനധർമ്മം വൈദികധർമ്മം എന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ഋതുക്കൾ മാസങ്ങൾ പൗർണമി അമാവാസ്യ ഇതൊക്കെ കണക്ട് ചെയ്ത് മനുഷ്യന്റെ മനസ്സ് ഇതിനോടൊക്കെ സംബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ നമുക്ക് കണക്ഷനെ പോയി അതിനനുസരിച്ച് ജീവിക്കാനായി മാഘമാസ കൃഷ്ണപക്ഷത്തില് അഷ്ടമിയിൽ ചെയ്യുന്ന ചില ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ അഷ്ടകായജ്ഞം പാർവണം മാസശ്രാദ്ധം ശ്രാവണ പൗർണമിയിൽ ചെയ്യാവുന്ന സർപ്പബലി ഇങ്ങനെയൊക്കെ വൈദിക യജ്ഞം ഇതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു വയ്ക്കണോ അത്രയേ ഉള്ളൂ പിന്നെ അതിൽ ചൈത്രി ആഗ് ആഗ്രഹായിണി ആശ്വയാജി എന്നൊക്കെ വൈദിക സമ്പ്രദായത്തിലുള്ള യജ്ഞമാണ് പിന്നെ സപ്ത ഹവി യജ്ഞം അഗ്നി ആദേയം ദർശപൂർണമാസം ചാതുർമാസ്യം ആഗ്രണേഷ്ടി നിരൂഢപശുബന്ധം സൗത്രാമണി ഇതൊക്കെ വൈദികമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സപ്തസോമയജ്ഞം അഗ്നിഷ്ടോമം അത്യഗ്നിഷ്ടോമം ഉഖ്യം ഷോഡശി വാജപേയം അതിരാത്രം ആപ്തോറിയാമം ഇതൊക്കെ വൈദികമായ യജ്ഞം ഈ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് എട്ടു ഗുണങ്ങളോടുകൂടെ ആരി ഇരിക്കുന്നു അവനെ ബ്രാഹ്മണൻ എന്ന് ശാസ്ത്രം പറഞ്ഞു എന്താ ഈ അഷ്ട ഗുണങ്ങളെന്ന് വെച്ചാൽ ദയാ സർവഭൂതേഷു ക്ഷാന് അനസൂയ ശൗചം അനായസ മാംഗല്യം അകാർപ്പണ്യം അസ്പൃഹ എംശത്ത് സംസ്കാരാ അഷ്ടൗ ആത്മഗുണശ സ ബ്രാഹ്മണ കേൾക്കുമ്പോ നമ്മൾ പോകുമ്പോ തലയിൽ മുണ്ടിട്ടിട്ട് പോണം അല്ലേ ഇതൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പൊ ഇതൊക്കെ പ്രായോഗികമാണോ ഈ കാലത്താരൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്ന് ചോദിക്കരുത് ഈ അനുഷ്ഠാനങ്ങളൊക്കെ ശാസ്ത്രം വിധിച്ചിട്ടുള്ളതാണ് ഈ യജ്ഞസമ്പ്രദായത്തിനെ എടുത്തുകൊണ്ട് ഭഗവാൻ ഗീതയിലെ സാർവജനീനമായ ഒരു കാര്യം ചെയ്തു ശങ്കരാചാര്യർ തന്നെ ഭാഷ്യത്തിൽ പറഞ്ഞു യജ്ഞം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അഗ്നിഹോത്രം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ പറയണു അതൊന്നും വേണ്ട പശോ അഹിംസ സത്യ ശൗച അസ്ഥേയാദി അസങ്കീർണാനി വ്രതാണി സർവജനീന എല്ലാവർക്കും ചെയ്യാവുന്ന ചില അസംകീർണ്ണെന്ന് വെച്ചാൽ കോംപ്ലക്സ് അല്ലാത്തതും സാധാരണ മനുഷ്യന് പ്രായോഗികമായിട്ടുള്ളതുമായ വ്രതങ്ങളുണ്ട് അതാണ് മുഖ്യം ആരെയും ഹിംസിക്കാതിരിക്കുക സത്യനിഷ്ഠയോടുകൂടെ ഇരിക്കുക സർവഭൂതങ്ങളോടും ദയയോടെ ഇരിക്കുക ശാന്തിയോടെ ഇരിക്കുക കാരുണ്യത്തോടെ ഇരിക്കുക എന്നുള്ള ഈ ദൈവീസമ്പത്തുണ്ടല്ലോ ആ ദൈവീസമ്പത്തിനെ വളർത്തുന്നതും നമ്മളുടെ ഉള്ളിലുള്ള ഒരു മാലിഗ്നന്റ് ഗ്രോത്ത് ഉണ്ട് അഹങ്കാരം എന്ന് പറയണത് സ്വാർഥത അതിനെ പതുക്കെ പതുക്കെ ഉന്മൂലനം ചെയ്യുന്നതുമായ ഒരു സമ്പ്രദായത്തിന് യജ്ഞം എന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങനെ അതിനെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഗീതയില് അതുകൊണ്ടാണ് വേദത്തിന്റെ സാരതമമായ വിഷയം ഈ അധ്യായത്തിലുണ്ട് എന്ന് പറഞ്ഞത് അതിൽ ആദ്യം തന്നെ നമുക്കൊരു ഷോക്കിന് വേണ്ടിയിട്ട് ഭഗവാൻ രണ്ട് വാക്ക് പ്രയോഗിച്ചു സന്യാസം ത്യാഗം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അലേർട്ടാവും അല്ലേ എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സമയമാണേ സന്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ഇരിക്കണോ അല്ല പണിയിട്ട് പോകണോ അതാണ് തീരുമാനിക്കുക വേറെ അല്ല സന്യാസം എടുക്കുന്നതിനെ ആലോചനയില്ല നമ്മളിപ്പോ പ്രഭാഷണം കേൾക്കണോ അല്ല ഇതിപ്പോ മുമ്പിൽ രണ്ട് സ്വാമിമാർ ഇരിക്കുന്നുണ്ട് അവർക്ക് മാത്രമാണോ അപ്പോ ആ സന്യാസം ത്യാഗം ഈ രണ്ടിൻ്റെയും അർത്ഥം ഭഗവാൻ സൂക്ഷ്മർത്ഥം സാരതമമായ അർത്ഥത്തിനെ അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചു അല്ലവണ്ണം മനസിലാക്കണം അർജുനൻ ചോദിച്ചു എന്നാണ് നമ്മൾ പറയണത് അർജുനൻ ചോദിച്ചതല്ല അർജുനനെ കൊണ്ട് ഭഗവാൻ ചോദിപ്പിക്കാണ് ഗുരുവിനും ശിഷ്യനുള്ള സംബന്ധം ബാഹ്യമല്ല ശരിക്കും ശിഷ്യന്റെ ഉള്ളിലിരുന്ന് ചോദ്യം ചോദിക്കുന്നത് പോലും നമ്മുടെ ആശ്രമത്തിൽ നടേശയ്യർ എന്ന് നല്ല സിമ്പിൾ മനുഷ്യൻ പക്ഷെ ഒരുപാട് ദേഷ്യം വരും അദ്ദേഹത്തിന് അപ്പോ ദേഷ്യം വന്ന് കഴിഞ്ഞാൽ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉരുളും മണ്ണിൽ കിടന്നിട്ട് അപ്പൊ ആരോ ഒരു അമ്മ പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ കോപറാട്ടി കാണിക്കണത് ഇനി ദേഷ്യം വരുമ്പോ നേരെ ഭഗവാനെടുത്ത് പോയി ചോദിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഈ ദേഷ്യം എങ്ങനെ ഇല്ലാതാക്കണം ചോദിക്കാം അദ്ദേഹത്തിന് തോന്നി ശരിയാണല്ലോ ഞാൻ ഇത്ര ദിവസം ഭഗവാൻ്റെ അടുത്ത് ഇത് ചോദിച്ചില്ലല്ലോ മഹർഷി രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് സമയത്തിന് ദേഷ്യം വന്നു അപ്പൊ വേഗം ചെന്ന് രമണ മഹർഷിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് പോയി പക്ഷെ ആശ്ചര്യം നോക്കൂ ചോദ്യം പോലും നമ്മളുടെ കയ്യിലില്ലായെന്നാണ് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം എന്താ ചോദിച്ചറിയോ ചോദിക്കാൻ പോയത് ദേഷ്യം എങ്ങനെ ഇല്ലാതാക്കണമെന്നാണ് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു ഭഗവാന് ഞാനേ ഒരു ഗിരിപ്രദക്ഷിണം പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഒരു സംബന്ധമില്ല ചോദ്യത്തിനും തനിക്ക് മഹർഷി പറഞ്ഞു വളരെ നല്ലത് പോയിട്ട് വരുമോ കാരണം അത് പോയിട്ട് വരണമെങ്കിൽ മൂന്നര മണിക്കൂർ നാലുമണിക്കൂറാവും അപ്പോഴേക്ക് പിന്നെ ദേഷ്യം നിൽക്കുമോ പിന്നെ ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ലെങ്കിൽ പ്രദക്ഷിണം പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ തീരുമാനിക്കും ദേഷ്യം വന്നിട്ടുണ്ട് സ്വാമിജിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക ഒരിക്കൽ തൃശ്ശൂർ രാമകൃഷ്ണാശ്രമത്തില് രംഗനാഥാനന്ദ സ്വാമി ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂർ ഒരു ആള് ചെന്ന് ചോദിച്ചു സ്വാമിജി ഒരുപാട് ദേഷ്യം വരുന്നു എങ്ങനെയാ ഇല്ലാതാക്കാന്ന് ചോദിച്ചു അപ്പൊ രംഗനാഥാനന്ദ സ്വാമി പറഞ്ഞു യു ഡു വൺ തിങ് വെൻ യു ഗെറ്റ് ആംഗ്രി യു പുട്ട് ടെൻ റുപ്പീസ് ഇൻ ദ ഹുണ്ടിയൽ അമ്പലത്തിൽ ഉണ്ടിയെല്ലാം പത്ത് രൂപ ഇടുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്വാമിജി ഇയാളോട് ചോദിക്കാം എന്താ ഇപ്പൊ ദേഷ്യം വരുന്നു ഇറ്റ് ഇസ് ടു കോസ്റ്റ്ലി ഒരുപാട് ചെലവാകണമെന്ന് എന്താണെന്ന് വെച്ചാൽ കോപം ഇങ്ങനെ വരുമ്പോ പത്ത് രൂപ നോട്ട് ഇങ്ങനെ വരും ഇരുപത് വർഷം മുമ്പ് പത്ത് രൂപ വലിയ കാര്യമാണേ അപ്പോൾ ഓരോരു പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും പത്ത് രൂപ ഇങ്ങനെ മുമ്പില് വരുന്നു അതോടുകൂടെ അത് പോയിരുന്നു അപ്പോ നമ്മളുടെ ചോദ്യം പോലും ഗുരു നമ്മളുടെ ഉള്ളില് ചോദിപ്പിക്കുന്നതാണ് പ്രശ്നം പോലും ശരിക്കും പറഞ്ഞാൽ ചോദ്യം എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ തന്നെ ഒരു രൂപമാണ് ഋഷികൾ സാധാരണ ചോദ്യത്തിന് ഉത്തരമേ കൊടുക്കില്ല അല്ലെ ഭൃഗു വൈവാറുണി വരുണം പിതറമുപാദ അധീഹി ഭഗവോ ബ്രഹ്മേ ഭൃഗു വരുണന്റെ അടുത്ത് ചോദിച്ചു ഭഗവാനെ ബ്രഹ്മത്തിനെ പറഞ്ഞു അരുണൻ പറഞ്ഞു തപസ്ആ ബ്രഹ്മ വിജിജ്ഞാസസ്വ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ പോയി തപസ് ചെയ്തിട്ട് വരൂ മനനം ചെയ്തിട്ട് വരുമോ അങ്ങനെ പോയി പോയി പോയി അവസാനം സാക്ഷാത്കാരം ഉണ്ടാവുന്നു ഭൃഗുവിന് അപ്പോ ഇവിടെ അർജുനൻ ചോദിച്ച ചോദ്യം സന്യാസത്തിന്റെ തത്വം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തത്വമെന്നു വെച്ചാൽ അതിന്റെ എസെൻസ് അതിന്റെ റിയൽ സീക്രട്ട് എന്താ സീക്രട്ട് എന്ന് വെച്ചാൽ എപ്പോഴാണ് ഒരാൾ ശരിക്കും സന്യാസി ആവണത് ജ്ഞാനി ആവണത് പരമഹംസനാവണത് ആ സാക്ഷാത്കാരം ഇയാൾക്ക് എങ്ങനെ ഉണ്ടാവും ആ ത്യാഗത്തിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഭഗവാൻ പൊതു അഭിപ്രായം പറഞ്ഞു കാമ്യകർമ്മങ്ങളെ വിട അതൊരു നല്ലതാണ് ഏത് കർമ്മങ്ങൾക്ക് പുറകിൽ ഡിസയർ ഉണ്ടോ കാമന ഉണ്ടോ പൊക ഉണ്ടോ ഗീതയുടെ തന്നെ വാക്കാണ് പുക ധൂമേന ധൂമം പൊക പോലെ വാസനകൾ അല്ലെ നമുക്ക് എന്ത് കർമ്മം ചെയ്യണതിന് ആ ഡിസൈ മോട്ടിവേഷൻ ഉള്ളിലുണ്ടാവും അംബീഷ്യൻ അല്ലേ നോക്കൂ അംബീഷൻ എത്ര പവർഫുള്ള അംബീഷൻ കാരണം അമേരിക്ക പോയി എക്കോ പോ എല്ലാ അമ്പും നല്ല വാർത്ത അത് അത് കണ്ട്രോൾ പർത്തം ഇച്ചാണ് അർത്ഥം അത് ആശയ കർമ്മത്തിന് പുറകിൽ ആഗ്രഹം അതെന്താക്കണു നല്ല ആഗ്രഹമോ ചീത്ത ആഗ്രഹമോ അതുവരെ വിഷയം ചീത്ത ആഗ്രഹമാണെങ്കിൽ കൂടുതൽ ദൂഷിപ്പിക്കും ദുഷ്കർമ്മം നമ്മൾ പറയും അല്ലെ എന്താ അതിന് പുറകിലുള്ള ആഗ്രഹം തന്നെ മതി ഇയാൾക്ക് പനിഷ്മെന്റ് ആണ് ലോകത്തിലെ ആളുകൾ ചോദിക്കും ചിലരൊക്കെ ദുഷ്ടമാരാണ് എല്ലാവരെയും ചീത്ത കാര്യങ്ങൾ ചെയ്യണു എന്നിട്ട് അവർ കണ്ടില്ലേ എൺപത് തൊണ്ണൂറ് വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് എന്താ ഒന്നും വരാത്തത് നല്ല നല്ല മനുഷ്യരൊക്കെ പെട്ടെന്ന് മരിച്ചുപോണു ഇങ്ങനെ ഒരു ചോദ്യം വരും ശരിക്കും പറഞ്ഞാൽ ദുഷ്ടത ചെയ്യുന്നവന് വേറെ പനിഷ്മെന്റ് ഒന്നും ആവശ്യമില്ല അവൻ്റെ ഉള്ളിൽ വരുന്ന ആ തോന്നലുണ്ടല്ലോ അത് തന്നെ ഒരു ഭയങ്കര പനിഷ്മെന്റ് ആണ് അയാളുടെ ജീവിതം തന്നെ അയാൾക്ക് നരകമാണ് ഒരാൾ കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോപം കഴിഞ്ഞിട്ട് അയാൾ ജയിലിൽ ഇടേണ്ട ആവശ്യമില്ല അയാളുടെ കോപം തന്നെ അയാൾക്ക് പനിഷ്മെന്റ് അസൂയ തന്നെ അയാൾക്ക് പനിഷ്മെന്റാണ് ദ്വേഷം പനിഷ്മെന്റാണ് എത്രശാന്തി എത്ര ജിലത മനസ് എത്ര അശാന്തം വ്യാകുലം അല്ലേ ഇപ്പൊ കംസൻ നോക്കൂ കംസന് ഭഗവാൻ സായുജ്യം കൊടുക്കാൻ കാരണം എന്താന്ന ചോദിക്കണത് വസുദേവരെയും ദേവകിയും ജയിലിലിട്ട് കുറെ കാലം ബുദ്ധിമുട്ടിച്ചില്ലേ എന്നിട്ട് കംസന് പരമപദവി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വസുദേവരും ദേവകിയുടെ ബുദ്ധിമുട്ട് മാത്രമേ ആലോചിക്കണുള്ളൂ ആ പാവം കംസനെ ഒരു മനുഷ്യനും ആലോചിച്ചില്ല എന്താന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു അനൗൺസ്മെന്റ് എട്ടാമത്തെ കുട്ടി കൊല്ലും അന്നത്തെ ദിവസം മുതൽ അയാളുടെ സ്ഥിതി ഒന്നലോസോ ലേ എത്ര ബി പി ഷൂട്ടായിട്ടുണ്ടോ ഉറക്കല്ല ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചിന്തയാണോ ഋഷികേശം അപശ്യത്തന്മയം കൃഷ്ണനെ ചിന്തിച്ചു ഭയം കൊണ്ട് ഭയാതുക്കം സഹ രാവും പകലും പേടിയാണെന്നാണ് ഭയാണ് അയാൾക്ക് ഭയം തന്നെ പനിഷ്മെന്റ് എത്ര വലിയ പനിഷ്മെന്റ് ഒരാളെയും വിശ്വാസമില്ല എപ്പോഴും പേടിയാണ് ആ ഭയത്തിന് ഒരു പനിഷ്മെന്റ് വേണോ പേടിച്ചും ജീവിക്ക മരിക്കണതെന്ന് കുഴപ്പമില്ല ജീവിക്കണതാണ് വിഷമം അതുകൊണ്ട് ഉള്ളിലുള്ള ഈ രാഗദ്വേഷം കാലുഷ്യം ഇത് നിവൃത്തിപ്പിക്കലാണ് യജ്ഞം എന്ന് പറയണത് യാഗം എന്ന് പറയണത് കാമന കർമ്മം കർമ്മം കൊണ്ട് ഫലം കിട്ടും പക്ഷെ ആ ഫലം കൊണ്ട് കിട്ടണ സുഖത്തിനേക്കാളും ആശ കൊണ്ടുള്ള ദുഃഖം ഉണ്ടല്ലോ വളരെ വിഷമം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നു അയാൾ ലോകമഹാപിച്ചക്കാരനാണ് നമ്മുടെ അവിടെ ഒരു ഭിക്ഷു പറഞ്ഞു അലക്സാണ്ടറിന്റെ അടുത്ത് ഞാൻ ഒരു കൈ പിടി അന്നം കിട്ടിയാൽ സന്തുഷ്ടനാവും നീ ലോകം മുഴുവൻ ഭിക്ഷ എടുത്തിട്ടും എന്റെ ഭിക്ഷാപാത്രം നിറഞ്ഞിട്ടില്ല എത്ര രാജ്യം വെട്ടിപ്പിടിച്ചു എത്ര പേരെ കൊന്നു എന്നിട്ട് അയാൾക്ക് ഗ്രേറ്റ് എന്നൊരു പട്ടം നമ്മൾ ചിന്തിക്കണേ ഇല്ല ഒരാൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോഴേ ആതതായി ആണ് അല്ലേ നമ്മളുടെ ശാസ്ത്രപ്രകാരം അയാൾക്ക് ആതതായി എന്നാണ് പേര് കൊടുക്കേണ്ടത് പക്ഷെ അയാളെ ഗ്രൈറ്റ് എന്ന് പറയുന്നു അങ്ങനെയാണ് സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ പഠിക്കണത് അപ്പൊ നമ്മുടെ കുട്ടി എന്ത് വിചാരിക്കും ഇതാണ് നല്ലതെന്ന് വിചാരിക്കും അല്ലേ അപ്പോ എത്ര ലോകം മുഴുവൻ ആഗ്രഹ ആഗ്രഹം മനുഷ്യനെ ഇതുവരെ കൊണ്ടെത്തിക്കും എന്നുള്ളതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് അലക്സാണ്ടറും ഹിറ്റ്ലറും മുസോളിനിയും നമ്മളുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഇവൻ അധ്യാത്മത്തിൽ പോലും അല്ലേ ഇത്രയും വലിയ വിദ്യ സുഖമായിട്ട് ആത്മാനുഭവത്തോടെ ഇരിക്കുന്നതിന് പിന്നെയും അവർക്ക് ആഗ്രഹങ്ങളും അംബീഷനും ഒക്കെ വരികയാണെങ്കിൽ അവരും അത് ഇത് പോരാ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ അവർക്കും അത് തന്നെ സ്ഥിതി സമാധാനം അപ്പൊ ആഗ്രഹം എന്ന് പറയുന്നത് കാമ്യത്തിനെ കാമ്യത്തിനെ വിടുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കാമ്യ കർമ്മം ചെയ്യാതിരിക്കുന്നു ഭഗവാൻ കുറച്ച് കരുണയോടുകൂടെ നമുക്ക് ഇറങ്ങി വന്നിട്ട് ഇതിനു ഒരു അദ്ധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാമന കാമനകളുണ്ട് ബയോളജിക്കൽ നീഡ്സ് ഫിസിക്കൽ നീഡ്സ് നിങ്ങൾക്ക് ജീവിക്കാൻ ചില ആഗ്രഹങ്ങൾ കൂടിയേ കഴിയൂ അത് അർജുന ഞാനാകുന്നു എന്നുവെച്ചാൽ അത് വളരെ സൂക്ഷ്മമാണ് അതായത് ഭഗവാൻ പറഞ്ഞത് നിങ്ങളുടെ ഫിസിക്കൽ സിസ്റ്റത്തിന് ഒഴിച്ചു കഴിയാത്ത ആഗ്രഹം ഞാൻ സമ്മതിച്ചിട്ടുള്ളതാണ് നീ ബാക്കിയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ഭംഗിയായിട്ട് നടത്തി തന്നോളാന്നു ഉള്ളിലിരുന്ന് അത് നടത്തി തന്നോളാന്ന് എനക്ക് എന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഭഗവാൻ അത് അനുകൂലമായിട്ട് പറഞ്ഞു തന്നു അപ്പോ കാമ്യകർമ്മത്തിനെ വിടുക എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ കർമ്മങ്ങളെ വിടുന്നത് സന്യാസമാണ് രണ്ട് അടുത്തതെന്താ സർവകർമ്മഫലത്യാഗ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ചിലപ്പോ നമ്മള് ഉണരുമ്പോഴേക്കും എത്രയോ വൈകിപ്പോയിട്ടാവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു ഫലം സമ്പാദിച്ചു കയ്യില് കൂട്ടിവെച്ചു ഇനിയിപ്പോ എന്താ ചെയ്യ അങ്ങനെ അങ്ങടെ എടുത്ത് കൊടുക്ക മഹാബലി ചെയ്ത പോലെ ചിലപ്പോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അംബരീഷനെ പോലെ കൊടുക്കാം എത്രയോ മഹാഭാഗവതന്മാർ ചെയ്ത പോലെ കൊടുക്കാം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ വന്ന് കൈ നീട്ടുമ്പോഴെങ്കിലും സന്തോഷമായിട്ട് കൊടുക്കാം അതാണ് മഹാബലി ചെയ്തത് കൊടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോ ഭഗവാൻ വന്ന് കൈ നീട്ടി വലിയ കൈയല്ല ചെറിയ കൈ വലിയ കാലല്ല ചെറിയ കാലുയവും കുറവ് വന്നിട്ട് മുമ്പിൽ വന്നിട്ട് തരുവോന്നു ചോദിച്ചു മഹാബലി ഈ വന്നിരിക്കുന്ന ആളെ അറിഞ്ഞ് ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കരുത് കാരണം ഇയാൾ ഇത്രേ ഉള്ളൂ പക്ഷെ വലുതാവും മുഴുവനും എടുത്തുകൊണ്ട് പോവും എല്ലാ എടുത്തുകൊണ്ട് പോവും ആരാ വന്നിരിക്കണത് സാക്ഷാത് കാല പുരുഷനായ ഭഗവാനാണ് വന്നിരിക്കുന്നത് മഹാബലി പറഞ്ഞു താങ്ക്സ് ഇത് പറഞ്ഞു തന്നതിന് നന്ദി എന്താന്ന് വെച്ചാൽ അല്ലെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു ഇപ്പൊ സന്തോഷമായിട്ട് കൊടുക്കാം കാരണം അദ്ദേഹം തരുമ്പോ നമ്മൾ രണ്ട് കൈ നീട്ടി വാങ്ങിച്ചു അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതല്ലേ തിരിച്ചു ചോദിക്കുമ്പോ തരില്ല എന്ന് പറയാൻ നമുക്കൊരു അധികാരമില്ല എന്നോടുള്ള കരുണ കൊണ്ടാണ് കൈനീട്ടിയത് അല്ലെങ്കിൽ എന്റെ മുത്തശ്ശന്റെ മുമ്പിൽ വന്ന പോലെ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കൂ ഭഗവാൻ ചോദിക്കുമ്പോ കൊടുത്താ സന്തോഷമായിട്ട് കൊടുക്ക ഭഗവാൻ വെച്ചാൽ നമ്മളുടെ മുമ്പില് കൊടപിടിച്ച് വരുന്ന് വിചാരിക്കേണ്ട ഏതെങ്കിലും രൂപത്തിൽ വരും ജീവിതത്തിൽ അങ്ങനെ കൊടുക്ക കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിടിച്ചു വാങ്ങാൻ എവിടുന്നു വേണമെങ്കിലും ഹി ൻ അപ്പിയർ ഒരു തൂണിൻ്റെ ഉള്ളിൽ വരാം മഹാബലി പറയണ്ട കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആള് തപസ് കൊണ്ടോ മന്ത്ര ദുർഗൈഹി മന്ത്ര ഔഷധാദിപി സാമാധിപിരുപായേശ് കാലം നാത്യേതി വൈജന മന്ത്രം ഔഷധം വീര്യം തപസ് ഒന്നുകൊണ്ടും ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാൻ ചോദിക്കും അങ്ങനെ സറണ്ടർ ആയിട്ട് ഭഗവാന്റെ കരുണ ഭഗവാൻ പറഞ്ഞു നീ ഒക്കെ തന്നു മൂന്നാമത് എവിടെ എന്ന് അല്ലേ നമുക്കറിയാം കഥ അറിയാം മൂന്നാമത്തെ അടി ഈ കേരളത്തിലുള്ള ആളുകളുടെ കുഴപ്പമെന്താന്ന് വെച്ചാൽ അവരൊക്കെ മഹാബലിയുടെ പക്ഷക്കാരാ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്തൊരു ദുഷ്പ്രചാര മഹാഭാഗവതത്തിന് വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിന് മാധുര്യം കിട്ടണം അല്ലേ മഹാബലി പറയണു ഭഗവാനെ നോക്കിയിട്ട് ഇങ്ങനെ ആരോ ഉപകാരം ചെയ്യുന്നു ഇങ്ങനെ ആരും അനുഗ്രഹിക്കും ലോകത്തിലെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ എന്തെങ്കിലും തന്നിട്ടാണ് അനുഗ്രഹിക്ക തന്നിട്ട് ഒരിക്കലും ഒരാൾ നിറയില്ല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമാവുന്നു അതാണ് സന്യാസം എടുത്ത് അനുഗ്രഹിക്കുന്നതാണ് പൂർണ്ണം കൊടുത്ത് അനുഗ്രഹിച്ച് ഒരിക്കലും ഒരാളും പൂർണ്ണാവില്ല കൊടുക്കുന്നത് മുഴുവൻ ലിമിറ്റഡ് ആണ് കാരണം എന്ത് തന്നാലും നിങ്ങളുടെ ഈ ലിമിറ്റഡ് ശരീര മനസ്സ് ഉപാധിക്കല്ലേ തരാൻ പറ്റുള്ളൂ എടുക്കുമ്പോ സദ്ഗുരു മരണം അവസാനം എടുക്കും ഗുരുവും മരണം പോലെ തന്നെയാണ് എടുക്കും എന്താ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനെടുക്കും മനസ്സിനെ എടുക്കും ബുദ്ധിയെടുക്കും അഹങ്കാരത്തിനെടുക്കും അജ്ഞാനത്തിനെടുക്കും എടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയും ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ പൂർണ്ണമാണ്